നിങ്ങൾ അവർക്കുവേണ്ടി പാപമോചനം തേടുകയോ തേടാതിരിക്കുകയോ ചെയ്യുക നിങ്ങൾ എഴുപത് തവണ അവർക്കുവേണ്ടി പാപമോചനം തേടിയാലും അല്ലാഹുസുബഹാനുഹൂവ ത്യല അവർക്ക് പുറത്തു കൊടുക്കുകയില്ല കാരണം അവർ അല്ലാഹു സുബഹാനുഹൂവ തിയായയിലും അവന്റെ ദൂതനിലും അവിശ്വസിച്ചു അധർമ്മകാരികളായ ജനതയെ അല്ലാഹു സുബഹാനുഹൂവ തായാലേർവഴിയിലാക്കുകയില്ല